തിബരിയാസ് കൈസറുടെ വാഴ്ചയുടെ പതിനഞ്ചാം ആണ്ടിൽ പോന്തിയോസ് പിലാത്തോസ് യഹൂദ്യ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതൂര്യത്രോനിത്തിദേശത്തിലും ലൂസാന്യാസ് അബീലേനയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം ശെഖരിയാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി അവൻ യോർദാനരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ കർത്താവിന്റെ വഴി ഒരുക്കു അവന്റെ പാത നിരപ്പാക്കീൻ എല്ലാ താഴ്വരെയും നികന്നുവരും എല്ലാ മലയും കുന്നും താഴും വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിറന്ന വഴിയായും തീരും സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യഷയ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത് സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം പറവാൻ തുനിയരുത് അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു എന്നാൽ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് പുരുഷാരം അവനോട് ചോദിച്ചു അതിന് അവൻ രണ്ടു വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്നു തരം പറഞ്ഞു ചൂങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു ഗുരോ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികം ഒന്നും പിരിക്കരുത് എന്നവൻ പറഞ്ഞു പടജനവും അവനോട് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചതിന് ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്നു വെപ്പീൻ എന്നവരോട് പറഞ്ഞു ജനം കാത്തുനിന്നു അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത് ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാറ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവുകൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും അവന് വീശുമുറം കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ട് കളകുകയും മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു എന്നാൽ ഇടപ്രഭുവായ ഹേരോദാവ് സഹോദരന്റെ ഭാര്യ ഹേരോദ്യ നിമിത്തവും ഹേരോദാവ് ചെയ്ത സകലദോഷങ്ങൾ നിമിത്തവും യോഹന്നാൻ അവനെ ആക്ഷേപിക്കയാൽ അതെല്ലാം ചെയ്തതുകൂടാതെ അവനെ തടവിലാക്കുകയും ചെയ്തു ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പോലെ അവന്റെ മേലിറങ്ങി വന്നു നീ എന്റെ പ്രിയപൂത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം മുപ്പത് വയസ്സായിരുന്നു അവൻ യോസെഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു യോസെഫ് ഹേലിയുടെ മകൻ ഹേലി മത്താത്തിന്റെ മകൻ മത്താത്ത് ലേവിയുടെ മകൻ ലേവി മെൽക്കിയുടെ മകൻ മെൽക്കി എന്നായിയുടെ മകൻ എന്നായി യോസെഫിന്റെ മകൻ യോസെഫ് മഥത്യോസിന്റെ മകൻ മത്തത്യോസ് ആമോസിന്റെ മകൻ ആമോസ് നാഹൂമിന്റെ മകൻ നാഹൂം യെസ്ലിയുടെ മകൻ യസ്ലി നഗായിയുടെ മകൻ നഗായി മയാത്തിന്റെ മകൻ മയാത്ത് മത്തത്യോസിന്റെ മകൻ മത്തത്യോസ് ഷെമയിയുടെ മകൻ ഷെമയി യോസെഫിന്റെ മകൻ യോസെഫ് യോധയുടെ മകൻ ോദ യോഹന്നാന്റെ മകൻ യോഹന്നാൻ രേസയുടെ മകൻ രേസ സോരോബാബേലിന്റെ മകൻ സോരോബാബേൽ മകൻ ശലഥിയേൽ നേരിയുടെ മകൻ നേരി മെൽക്കിയുടെ മകൻ മെൽക്കി അദ്ദിയുടെ മകൻ അദ്ദി കോസാമിന്റെ മകൻ കോസാം എൽമാദാബിന്റെ മകൻ എൽമാദാം ഏരിന്റെ മകൻ ഏർ യോശുവിന്റെ മകൻ യോശു ഏലിയേസറിന്റെ മകൻ ഏലിയേസർ യോരീമിന്റെ മകൻ യോരീം മത്താത്തിന്റെ മകൻ മത്താത്ത് ലേവിയുടെ മകൻ ലേവി ഷിമ്യോന്റെ മകൻ ഷിമ്യോൻ യഹൂദയുടെ മകൻ യഹൂദ യോസെഫിന്റെ മകൻ യോസെഫ് യോനാമിന്റെ മകൻ യോനാം എല്യാക്കീമിന്റെ മകൻ എല്യാക്കീം മെല്യാവിന്റെ മകൻ മെല്യാവ് മെന്നയുടെ മകൻ മെന്ന മഥത്തയുടെ മകൻ മകൻ നാഥാൻ ദാവീദിന്റെ മകൻ ദാവീദ് ഇഷായിയുടെ മകൻ ഇഷായി ഓബേദിന്റെ മകൻ ഓബേദ് ബോവസിന്റെ മകൻ ബോവസ് സൽമോന്റെ മകൻ സൽമോൻ നഹഷോന്റെ മകൻ നഹഷോൻ അമീനാദാബിന്റെ മകൻ അമീനാദാബ് ആരാമിന്റെ മകൻ ആരാം യെസ്രോന്റെ മകൻ യസ്രോൻ പാരസിന്റെ മകൻ പാരസ് യഹൂദയുടെ മകൻ യഹൂദയാക്കോബിന്റെ മകൻ യാക്കോബ് ഇസഹാക്കിന്റെ മകൻ ഇസഹാക്ക് അബ്രഹാമിന്റെ മകൻ അബ്രഹാം തേരഹിന്റെ മകൻ തേരഹ് നാഹോറിന്റെ മകൻ നാഹോർ സെരൂഖിന്റെ മകൻ സെരൂഗ് രഘുവിന്റെ മകൻ രഘു ഫാലേഖിന്റെ മകൻ ഫാലേഖ് ഏബേറിന്റെ മകൻ ഏബേർ ഷലാമിന്റെ മകൻ ഷലാം കയ്യാന്റെ മകൻ കയ്യാൻ അർഫക്സാദിന്റെ മകൻ അർഫക്സാദ് ഷേമിന്റെ മകൻ ഷേം നോഹയുടെ മകൻ നോഹ ലാമേക്കിന്റെ മകൻ ലാമേക് മെഥുശലയുടെ മകൻ മെഥുശല ഹാനോക്കിന്റെ മകൻ ഹാനോക്ക് യാരേതിന്റെ മകൻ യാാരേത് മലേലിയവിന്റെ മകൻ മലേലിയേൽ കയ്യീനാന്റെ മകൻ കയ്യീനാൻ ഏനോഷിന്റെ മകൻ ഏനോഷ് ഷേത്തിന്റെ മകൻ ഷേത്ത് ആദാമിന്റെ മകൻ ആദാം ദൈവത്തിന്റെ മകൻ